ം പതിനേഴ് യഹോവ പിന്നെയും മോശിയോട് അരുളി ചെയ്തത് ഇസ്രേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്രപ്രഭുക്കന്മാരോടും ഓരോ വടി വീതം പന്ത്രണ്ട് വടിവാങ്ങി ഓരോരുത്തന്റെ വടിമേൽ അവന്റെ പേർ എഴുതിട ലേവിയുടെ വടിമേലോ പേർ എഴുതണം ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വയ്ക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും ഇങ്ങനെ ഇസ്രയേൽ മക്കൾ നിങ്ങൾക്കു വിരോധമായി പിറുവിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും മോശ ഇസ്രയേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകലാപ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം പന്ത്രണ്ട് വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു വടികളുടെ കൂട്ടത്തിൽ അഹ്വന്റെ വടിയും മോശ വടികളെ സാക്ഷി കൂടാരത്തിൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ചു പിറ്റേനാൾ മോശ സാക്ഷിക്കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിനുള്ള അഹ്വന്റെ വടി ു അത് തളിർത്തു പൂത്തു ബദാംഫലം കായിരുന്നു മോശ വടികളെല്ലാം യഹോവയുടെ സന്നദ്ധിയിൽ നിന്നെടുത്ത് ഇസ്രയേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു അവർ ഓരോരുത്തൻ താന്താന്റെ വടി നോക്കിയെടുത്തു യഹോവ മോശയോട് അഹ്രോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിനാണ് സാക്ഷ്യത്തിന്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പെറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു മോശ അങ്ങനെ തന്നെ ചെയ്തു യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു അപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോട് ഇതാ ഞങ്ങൾ ചത്തൊടുങ്ങുന്നു ഞങ്ങൾ നശിക്കുന്നു ഞങ്ങളെല്ലാവരും നശിക്കുന്നു യഹോവയുടെ പിരുനിവാസത്തോട് അടുക്കുന്നവനെല്ലാം ചാകുന്നു ഞങ്ങളൊക്കെയും ചത്തൊടുങ്ങേണമോ എന്ന് പറഞ്ഞു